ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ പരിശുദ്ധമായ ഭവനത്തിനു സമീപം കൃഷിയൊന്നുമില്ലാത്ത ഒരു താഴ്വരയിൽ എന്റെ സന്തതികളിൽ ചിലരെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവേ അവർ നമസ്കാരം നിലനിർത്തുന്നതിനായിട്ടാണിത് അതിനാൽ മനുഷ്യരുടെ ഹൃദയങ്ങളെ അവരിലേക്ക് നീ ചായ്ക്കേണമേ അവർ നന്ദി കാണിക്കുന്നതിനായി അവർക്ക് ഫലവർഗ്ഗങ്ങളിൽ നിന്ന് നീ ഉപജീവനം നൽകേണമേ